ഒരു ഹാസാഡായിട്ട് ഇരുന്നിട്ട് കുറച്ചുനേരം മെഡിറ്റേഷൻ റൂമിൽ പോയിരുന്നു ഒരു മണിക്കൂർ ഇരുന്നാൽ ദഹനക്കെട് വരും അത്രേ ഉള്ളൂ ഞാനൊന്നും വരില്ല എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചോ എവിടെയെങ്കിലും അതുകൊണ്ട് ഋഷികൾ എല്ലാത്തിനെയും ദ ഹാവ് ടു പുട്ട് എവറി ഇൻ ഓർഡർ അപ്പൊ ഫിസിക്കൽ ലെവലിൽ നിന്ന് ആരംഭിക്കുകയാണ് ഭക്ഷണം ആയുസ്സിനെ വർദ്ധിപ്പിക്കണം സത്വഗുണത്തിന് പ്രാണനെ പ്രാണനുള്ള ഭക്ഷണം പ്രാണശക്തിയെ ഗ്രഹിച്ച് തന്നിൽ വെക്കാനുള്ള ശക്തി ബാറ്ററി ഇപ്പോ എനർജി പിടിച്ചു അതുപോലെ ആ ഭക്ഷണത്തിന് റീട്ടൈനിങ് പവറുള്ള ഭക്ഷണമായിരിക്കണം ആരോഗ്യത്തിന് ഹാനി വരുത്താത്ത ഭക്ഷണായിരിക്കണം ബലം തരുന്ന ഭക്ഷണായിരിക്കണം ശ്രുതി പറയണത് നോക്ക അന്നേന പ്രാണാ പ്രാണൈർബലം ബലേന തപസ് തപസാ ശ്രദ്ധ ശ്രദ്ധയാ മേധ മേധയാ മനീഷ മനീഷയാ മനഃ ഈ പടിപ്പടി അതുപോലെ ഇവിടെയും ആയുസ് പ്രാണനാണ് സത്വം ബലം ആരോഗ്യം ആരോഗ്യം എന്ന് വെച്ചാൽ രോഗത്തിനെ ഇൻവൈറ്റ് ചെയ്യാത്ത ഒരു ശരീരപ്രകൃതി ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയില്ലേ അതാണ് ആരോഗ്യം രോഗം വന്ന് ചികിത്സിക്കുന്നതിനെ ക്കാളും രോഗം വരാതിരിക്കുന്ന രീതിയിൽ കഴിയുന്നതും ആ ശരീരത്തിനെ വെച്ചുകൊണ്ടിരിക്കുക ഒരു തപസ്വിയുടെ ഒരു സാധകന്റെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത രോഗങ്ങളെ ഒന്നും വലിച്ച് കയറ്റെടുത്ത് ആ ശരീരത്തില് മന്ത്രത്തിനെ ധരിക്കണം ജ്ഞാനത്തിനെ ധരിക്കണം ആ നാടീ നരമ്പുകളിൽ തപസ്സിനെ ധരിക്കണം ഈ ശരീരം എന്ന് പറയുന്നത് ഒരു വയറാണ് എലക്ട്രിക് വയറാണത് എന്താണോ സെന്ററിലുള്ളത് അത് ഓരോ സെല്ലിലും ഉണ്ടാവും സെന്ററിൽ ജ്ഞാനാണെങ്കിൽ ഓരോ കോശത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും സെന്ററിൽ ഭക്തി ഉണ്ടെങ്കിൽ ഓരോ കോശത്തിന്റെ ഉള്ളിലും ഭക്തി ഉണ്ടാവും അഹങ്കാരം ഉണ്ടെങ്കിൽ ഓരോ കോശത്തിൽ അഹങ്കാരം ഉണ്ടാവും അപ്പൊ ആരോഗ്യം എന്നുള്ളത് ഇവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം രോഗം എന്ന് പറഞ്ഞാൽ യാതൊന്ന് യോഗത്തിനെ പ്രതിബന്ധമായിട്ടിരിക്കോ അത് രോഗമാണ് അതുകൊണ്ടാണ് വേദാന്ത പരിഭാഷയില് ശരീരം തന്നെ അവസാന രോഗാണെന്ന് പറയണത് എന്താന്ന് വെച്ചാൽ ശരീരത്തിനെ ചിന്തിച്ച ഒരാള് ആത്മാവിനെ മറക്കണത് ശരീരം തന്നെ രോഗമായിട്ട് തീരാണ ശരീരമനുസഞ്ജരേത് ബഹദാരുണ്യ ഗോപനിഷത്ത് പറഞ്ഞു ആത്മാനം ചെയ്ത് വിജാനീയാത്ത് അയമസ്മീതി പൂരുഷ കിമിച്ചന് കസ്യകാമായ ശരീരം അനുസഞ്ജരേത് ഈ ആത്മാവിനെ സ്വരൂപത്തിനെ ജ്ഞാനാണ് അറിഞ്ഞുവെങ്കിൽ കിമിച്ചൻ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ശരീരമെന്ന് പറയുന്ന ജ്വരത്തിനെ വെച്ചുപോർപ്പിക്കണത്താണ് അനുസഞ്ജ്വരേ അതൊരു ജ്വരം അതിന്റെ പുറകെ ഇയാള് നടക്കില്ല അപ്പോ ശരീരത്തിനെ മറക്കുന്ന രീതിയിൽ ഭക്ഷണം വിശപ്പ് മാറാനുള്ള ഭക്ഷണം രോഗം വിളിച്ചു വരുത്താത്ത ഭക്ഷണം പൊതുവെ അധ്യാത്മ സാധനയ്ക്ക് മത്സ്യമാംസാദി ഭക്ഷണങ്ങളെ ഋഷികൾ നിഷേധിച്ചിരിക്കുന്നു അതിന് പ്രകൃതി ചികിത്സക്കാരുടെയൊക്കെ ഒരു വാദം എന്താന്ന് വെച്ചാൽ മനുഷ്യന് പ്രകൃതി തന്നെ മാംസഭക്ഷണത്തിനുള്ള ഒരു ഇൻസ്ട്രുമെന്റും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മത്സ്യമാംസാദി ഭക്ഷണങ്ങൾക്ക് വേണ്ട പല്ലോ അത് ദഹിപ്പിക്കാൻ വേണ്ട അമ്ളമോ മാംസബുക്കുകളായ മൃഗങ്ങൾ രാത്രി ഉണർന്നിരുന്ന് പകലൊറങ്ങും മനുഷ്യനിപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട് പക്ഷെ പ്രകൃതിയല്ലാതെ മാംസബുക്കുകളായ മൃഗങ്ങൾക്കൊക്കെ നഖം പുറത്ത് വലിക്കാനും എടുക്കാനും അതിനുള്ള നഖവും പല്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചില ആർഗ്യുമെന്റ്സ് ആണ് പ്രകൃതി ജീവനക്കാരുടെ വാദം ഈ മാംസഭക്ഷണം മനുഷ്യന് വിധിച്ചിട്ടുള്ളതല്ല അത് ആയുസ്സിന് പ്രയോജനപ്പെടില്ല സത്വത്തിന് പ്രയോജനപ്പെടില്ല ബലത്തിന് പ്രയോജനപ്പെടില്ല ആരോഗ്യത്തിന് പ്രയോജനം ഇതൊക്കെ തന്നെ ആയുസ് എന്ന് പറഞ്ഞ് നിങ്ങളെ ലൈഫ് ഡ്യൂറേഷൻ എന്നെടുത്താൽ മാംസബുക്കുകളൊക്കെ എത്രയോ വർഷം ജീവിക്കുന്നുണ്ട് ജാപ്പനീസൊക്കെ നോക്കിയാൽ ഒക്കെ നൂറു വർഷവും ധാരാളം പേര് നൂറും നൂറ്റി ഇരുപതും നിങ്ങൾ ആർഗ്യുമെന്റുമായിട്ട് എന്റെ അടുത്ത് തന്നെ വരും നമ്മളുടെ നാട്ടിനേക്കാളും നൂറും നൂറ്റി ഇരുപതും നൂറ്റി പത്തും വർഷമൊക്കെ ജീവിക്കുന്നവരാ ഒരുപാട് പേരും അതുപോലെ ബലം എന്ന് നിങ്ങൾ എടുത്താലും അവരുടെ ബലം നമുക്കുണ്ടോ ആരോഗ്യം എടുത്താലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഇതൊക്കെ ഭൗതികമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ ശരിപ്പെടില്ല ആയുസ് എന്ന് പറഞ്ഞാൽ പ്രാണനാണ് സ്പിരിച്വൽ ബെനിഫിറ്റാണ് നമ്മൾക്കിവിടുത്തെ ചോദ്യം സത്വം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ശക്തിയാണ് ഹോൾ സനാതനധർമ്മം ശ്രൗത മാർഗം മുഴുവനും ഇവിടെ ഒരു ജനറ്റിക് ഫീൽഡ് തയ്യാറാക്കാനാണ് ഒരു രമണ മഹർഷി വരാനായിട്ട് ഒരു രാമകൃഷ്ണ പരമഹംസർ വരാനായിട്ട് ഒരു ബുദ്ധൻ വരാനായിട്ട് ഒരു ചൈതന്യ മഹാപ്രഭു വരാനായിട്ട് ഒരു ജ്ഞാനേശ്വരൻ നിവൃത്തിനാഥ് സോപാനദേവ് മുക്താബായി വരാനായിട്ട് ഒരു നാരായണ ഗുരു വരാനായിട്ട് ഒരു ചട്ടമ്പിസ്വാമി വരാനായിട്ട് നിങ്ങൾ ഈ ഭാരതം വിട്ട് പുറത്തു പോയിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കൂ ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ റിസർച്ച് ചെയ്ത് എത്ര പേരെ നിങ്ങളെ എണ്ണിക്കൊണ്ടുവരുമെന്ന് ഞാൻ നോക്കട്ടെ വേൾഡ് ക്രിസ്ത്യൻ റിലീജിയൻ പറഞ്ഞിരിക്കുന്നുവെങ്കിലും ക്രൈസ്റ്റ് പോലും ഇവിടത്താണോ ഈ ഭൂഖണ്ഡത്തിലുള്ളതാണ് ചന്ദ്രഗുപ്തന്റെ സാമ്രാജ്യം അതുവരെ ഉണ്ടായിരുന്നു പേർഷ്യ വരെ ഉണ്ടായിരുന്നു പോക്കും വരവും ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഈ ജംബൂദ്വീപെന്ന് നമുക്ക് ഏഷ്യക്ക് പറയാവോ എന്ന് പറയും ഇതിനകത്താണ് ഭാരത വർഷത്തിനുള്ളിലാണ് അപ്പൊ ഈ എൻറ്റയർ സിസ്റ്റം ഒരേ ഒരു പർപ്പസാണ് ഇത്ര ആളുകൾ നിങ്ങൾ വന്നിരിക്കണമല്ലോ അല്ലെ എല്ലാവരും ഇപ്പോ ഒരുപക്ഷെ സസ്യബുക്കായിരിക്കോ ഒന്നും അറിയില്ല പക്ഷേ ആസ് എ പ്രിൻസിപ്പിൾ ഈ ഒരു രാജ്യത്തിൽ മാത്രമേ ഇതിനെ ആദർശമായിട്ടെങ്കിലും അംഗീകരിച്ചിട്ടുള്ളൂ സാധിക്കുവോ സാധിക്കില്ലയോ വി പ്രിഫർ ദാറ്റ് അത് തന്നെ ഒരു കാര്യമാണ് അത് വേറെ ഒരു സ്ഥലത്തും ഇല്ല അത് വേറെ ഒരു രാഷ്ട്രത്തിലും ഇവിടെ ഭക്ഷണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പറയണത്തും സ്പിരിച്വൽ ബെനിഫിറ്റ് ആയിട്ടാണ് അല്ലാതെ ശരീരത്തിന് ബി കൂടിയോ കുറയോ നോക്കാനല്ല ഷുഗറിന് വേണ്ടിയിട്ടല്ല ബാഹ്യമായ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല അത് അവാന്തരഫലമാണ് അവാന്തരഫലമായ ശരീരത്തിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും പക്ഷെ ശരീരത്തിന്റെ ബെനിഫിറ്റ് മുഖ്യമല്ല അതിൽ ഇനിയും കുറെ കാര്യങ്ങളുണ്ട് പാചകം മറ്റുള്ളവർ പാചകം ചെയ്ത് കഴിക്കരുത് സാധകൻ ഒക്കെ പറയും സ്വയം ഒന്നില് പാചകം ചെയ്യ അല്ലെങ്കിൽ അമ്മ പാചകം ചെയ്യ വളരെ അടുത്ത ആളുകൾ പാചകം ചെയ്ത് കഴിക്കുക എല്ലാവരുടെ ദൃഷ്ടിയിലും ഭക്ഷണം കഴിക്കരുത് ഇതൊക്കെ യോഗമാണ് യോഗശാസ്ത്രാണ് ഇതൊന്നും അല്ലാതെ ജാതി കൊണ്ടോ മതം കൊണ്ടോ ഉള്ള വേർതിരിച്ചലൊന്നുമല്ല നാരായണ ഗുരുസ്വാമി മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കില്ല ഇതൊക്കെ ജാതി ഒക്കെ ആണെങ്കിൽ രമണ മഹർഷി എല്ലാവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കും നാരായണ ഗുരുസ്വാമി എല്ലാവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കില്ല തനിച്ചിരുന്നിട്ടേ അദ്ദേഹം ആഹാരം കഴിക്കുള്ളു അപ്പൊ ഒരു ശിഷ്യൻ ഒരിക്കൽ പറഞ്ഞു ഒരു നാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രത്തിലുള്ളതാണ് ശിഷ്യന്മാർക്ക് ചിലരുടെയൊക്കെ ഒരു കാര്യൊക്കെ നമ്മള് കാണാൻ രസമാണ് ആ ശിഷ്യൻ പറഞ്ഞു ഞാൻ വടക്കില് പല ആശ്രമങ്ങളും പോയി അവിടുത്തെ ഗുരുക്കന്മാരൊക്കെ ശിഷ്യന്മാരുടെ കൂടെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കണത് അതുകൊണ്ട് ഗുരുദേവന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു ഈ ആ നാളെ ആവാം എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇരുന്ന് എല്ലാവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് അടുത്ത ദിവസം നാരായണ ഗുരുസ്വാമി ഏകാന്തമായി എവിടെയോ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് നേരമായി നേരായപ്പോ ഈ ശിഷ്യനോടോ എന്നാ അവര് ഉണ്ണു കഴിക്കാം എന്ന് പറഞ്ഞു അല്ല ഞാൻ കഴിച്ചു നേരം വൈകിയപ്പോ ഞാൻ കഴിച്ചു അപ്പൊ പറഞ്ഞു ഇതാണ് എല്ലാവരുടെ കൂടെ ഇരുന്ന് കഴിക്കണം എന്ന് വെച്ചാൽ കാത്തു നിൽക്കാനുള്ള ഒരു ഭാവം പോലും ഇല്ല അപ്പോൾ ഈ ഭക്ഷണത്തിനെ ഇങ്ങനെ കഴിക്കണം തനിച്ചിരുന്ന് കഴിക്കണം ഏകാന്തമായിട്ട് കഴിക്കണം എന്നൊക്കെ യോഗശാസ്ത്രമനുസരിച്ച് ഇയാൾക്ക് അതൊരു മെഡിസിനാണേ അന്നമസ്തു ഭജം എന്ന് പറഞ്ഞല്ലോ നമ്മൾ മുമ്പ് തന്നെ അന്നം ഭേഷജമാണ് ഒരു മരുന്നാണ് അപ്പോൾ മരുന്നിന് എന്തൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ പഥ്യമുണ്ടോ അതുപോലെ വേണം മരുന്ന് കഴിക്കാൻ അതുപോലെ അന്നത്തിനെ ഊണ് കഴിക്കുക എന്ന് പറയണത്തെ ഒരു ഒരു റിച്വലാണത് അതൊരു അനുഷ്ഠാനമാണ് വെസ്റ്റേണേഴ്സിനെ നോക്കിയാൽ അവർക്കതിനൊരു ആർട്ടുണ്ട് ഊണ് കഴിക്കാൻ സ്പെഷ്യൽ ഡ്രസ്സ് ഊണ് കഴിക്കാൻ പ്രത്യേക ടേബിൾ ബ്രിട്ടീഷ് കൾച്ചർ അമേരിക്കൻ കൾച്ചർ വിടും അവർ കൾച്ചറൊന്നും ഇല്ല അവരുടെ നാട്ടിനനുസരിച്ച് അവരൊന്ന് ഡെവലപ്പ് ചെയ്തുള്ളൂ നമ്മളുടെ നാട്ടിനനുസരിച്ച് നമുക്കൊരു കാര്യമുണ്ട് ഇരിക്കുക ആദ്യം പ്രാണാഗ്നിഹോത്രം ചെയ്യുക പ്രാണായസ്വാ പാനായ സ്വാ അതൊരു കൾച്ചറാണ് ഒരു സംസ്കാരാണത് ഹൃദിപ്രാണോ ഗുദേപാന സമാനോ നാഭിമണ്ഡലയോ ഉദാന കണ്ഠദേശസ്ഥ വ്യാനസർവശരീര ഗഞ്ചു പ്രാണനെ പ്രാണനും ആഹുതി അർപ്പിക്കണ പോലെ അന്നമെടുത്തു ഇങ്ങനെയൊക്കെ ഈ അന്നത്തിനെ ആരാധിച്ചുകൊണ്ട് അരാധ്യസ്ഥ അന്നമിത്യാചക്ഷത്തെ ശ്രുതി പറഞ്ഞു ഈ അന്നമുണ്ടല്ലോ ആരാധിക്കപ്പെടേണ്ടതാണ് നീ പ്രഭൂതമായിട്ട് അന്നം കൊടുക്ക ഈ ശ്രാദ്ധം കഴിഞ്ഞ പ്രഭൂത ബലി എന്ന് പറയും അതായത് സമൃദ്ധമായി ഇങ്ങനെ കൂട്ടിവെച്ചിട്ട് പുളത്തില് മത്സ്യങ്ങൾക്കും മറ്റു പ്രാണികൾക്കും പക്ഷികൾക്കും ഒക്കെ കൊടുക്കും പ്രഭൂതമായിട്ട് കൊടുക്കുക ധാരാളമായിട്ട് എല്ലാ പ്രാണികൾക്കും അന്നം പോണം ഭാഗവതത്തിലെ സപ്തമ സ്കന്ധത്തിൽ പറഞ്ഞു വീട്ടിലെ അണ്ണാൻ എലി പെരിച്ചാഴി പല്ലി പാമ്പ് നായ പൂച്ച എന്തൊക്കെ ഉണ്ടോ എല്ലാത്തിനും അന്നം പോണം ഒരു ഭക്തൻ ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് പറഞ്ഞു സ്വാമി ഈ എലികളെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യ സ്വാമി എന്തു പറഞ്ഞാലും ശരി ഞാൻ പാഷാണം വെക്കും വിഷം വെക്കും എത്ര മുണ്ടാ കടിച്ചത് എത്ര നേരിയതാ കടിച്ചു കയറിയിരിക്കണം അപ്പൊ സ്വാമി പറഞ്ഞു അയ്യോ കൊല്ലരുത് എന്ന് പറഞ്ഞ് എന്തോ ഒരു നെല്ല് വിതറിയിട്ട് ഒരു രാഗം മൂളിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് എലികൾ വന്ന് നിന്നു മുമ്പില് ഇദ്ദേഹത്തിന്റെ നേരിയത് കടിച്ച ആളൊന്ന് മാറി നിൽക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു എലി മാറി നിന്നു അത്ര ആലോചിച്ച് നോക്കൂ അ സീൻ എന്നിട്ട് പറഞ്ഞു കടിക്കരുത് കേട്ടോ അവര് നമുക്ക് വിഷം വെക്കും താൻ എലിയായിട്ട് തീർന്നു അവിടെ കടിക്കരുത് കേട്ടോ അവര് നമുക്ക് വിഷം വെക്കും പിന്നെ ആ വീട്ടിൽ ഒരു എലി ഉണ്ടായിരുന്നില്ലേ സർവഭൂതസുഹാന് നിശ്ചയ സർവഭൂതസുഹൃത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രല്ല എലി പന്നി എല്ലാത്തിനും സർവപ്രാണികളോടും ഒരു സമഭാവമം അന്തര്യാമിയായിരിക്കണ ഭഗവാനെ കാണാനും ഒക്കെ സാധിക്കുമെങ്കില് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക അവർക്കൊക്കെ വയറ് വിശപ്പ് എല്ലാവർക്കും ഉള്ളതാണല്ലോ അല്ലെ ഒരു നായ്ക്കിട്ട് കൊടുത്താൽ എന്തും സന്തോഷ ഹോൾ ബോഡി ശരീരം മുഴുവൻ സന്തോഷ ഒരു മനുഷ്യനെങ്ങനെ കഴിക്കോ ആലോചിച്ചു നോക്കുക കൊടുത്തു നോക്കൂ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ ഭക്ഷണം കൊടുത്താ സന്തോഷായിട്ട് കഴിക്കുന്നത് മൃഗങ്ങളെ കൊടുത്തു നോക്കിയാൽ എത്ര സന്തോഷായിട്ട് കഴിക്കും ഉറുമ്പിനിട്ട് കൊടുത്താൽ ഈ കോലം ഇടണത് ഉറുമ്പ് തിന്നാനായിട്ടാണ് ശരിക്കും കൊയ്ത്തൊക്കെ കഴിയുന്ന സമയത്താണ് ഈ ഉത്സവങ്ങളൊക്കെ വരിക കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ധാരാളം നെല്ലൊക്കെ കൊണ്ടുവന്നിട്ട അരി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നല്ലവണ്ണം അരച്ച് അരിമാ കോ അരിശിമാവാലതാ കോലം പോടണം കല്ല് വാങ്ങി കല്ല് പൊടി പോടൊരാളെ അത് പോടപ്പെടാതെ ചാപ്പ എറുമ്പ് ചെത്തു പോയിടണം അരിച്ചിമാവാല കോലം പോടും അത് വന്ന് എറുംപാപ്പ് പോണം അത് ഉത്സവം എറുംബുക്ക് പോടാ അവൻ പോടമാട്ട അഴകല പോട്ട് വെച്ചാൽ അത് സാപ്പ് സാപ്പിട്ട് പോയിക്കും കൊഞ്ച കൊണ്ട അരിശിമു കിടക്കണം അത് കൊയ്ത്തല്ല മുടിഞ്ഞ അരി കിടച്ചിൽ പോത്സവങ്ങളെല്ലാം പോ എപ്പി വളത്തി വെച്ചിരിക്കോകോപായ ഹൃദയം വിശ്വമേ ഹൃദയം വളർക്ക് ഋഷികൾ എല്ലാരും ക്ഷേമമാക്കണം എല്ലാ പ്രാണിയും ക്ഷേമമാക്കണം എന്താ പ്രാണിയും ദുരോഹം മണ്ണാതെ എന്താ പ്രാണിയും കൊല്ലപ്പെടാതെ എല്ലാത്തക്കും അന്നം പോകണം ഭക്ഷണം പോകണം എല്ലാ പ്രാണികളും ഭക്ഷണത്തിൽ താക്ക് ഭക്ഷണം കിടക്കുമാണ് പ്രചരന് തീ അപിങ്ങനുഷ്യനെ ആശ്രയിച്ചിട്ട പ്രാണികളാ ചുറ്റി ചുറ്റി പാത്തേദാ പാത്തിട്ട് അണ്ണാൻ ഉണ്ട് എലിയുണ്ട് ഇതൊക്കെ ഇങ്ങനെ ചുറ്റി കൊണ്ടിരിക്കും എലിക്കൊക്കെ പാടത്തില് ബാക്കി വെക്കുന്ന നെല്ല് അപ്പൊ വീട്ടില് വരില്ല അത് കഴിച്ചോളൂ അവിടെ പക്ഷെ നമ്മളിപ്പോ അവിടെയൊക്കെ വിഷം ഇട്ട് പെസ്റ്റിസൈഡ് ഇട്ട് എല്ലാം കഴിഞ്ഞ് അവർക്ക് വീട്ടിലെ സ്ഥലമില്ല പാടത്ത് സ്ഥലമില്ല ആയുസ്സത്വബലാരോഗ്യ വിഷയം നമുക്കിപ്പോ ആരോഗ്യമാണ് അവിടെ നിന്നാണ് ഇത്രയും പോയത് ആരോഗ്യം എന്ന് പറയണത് അധ്യാത്മസാധനയ്ക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള തേജസ് ഊർജം ബലം മറ്റുള്ളവരെ ഹിംസിക്കാനുള്ള ബല അല്ല തപസ് ചെയ്യാനുള്ള ബലം ബലേന തപസ് ബലമെന്ന് പറയണത് ധ്യാനത്തിനുള്ള ബലം ബ്രഹ്മ അതാണ് ഇവിടെ ബലം എന്ന് പറയണത് അങ്ങനെ ബലം അധ്യാത്മമായി ബലം തരുന്ന ഭക്ഷണം വിവർദ്ധനാഹ ചില പച്ചക്കറികൾ ഉണ്ടല്ലോ ആ പച്ചക്കറികളൊക്കെ വളരെ മൈൽഡാണ് സോഫ്റ്റ് ആണ് കുമ്പളങ്ങ ഭൂഷണിക്കാർക്കോ അല്ലയോ എല്ലാ വിധത്തിലെയും പ്രയോജനപ്പെടണം വൈദ്യ പടവലങ്ങിത്യങ്ങളി പ്രിവാ അരത്തിലേ മാ സാപ്പിടു കണ്ട് പിടിച്ച് ഭക്ഷണം എന്നാപ്പന ശാന്ത മാ ഭക്ഷണം ഇതെല്ലാം സ്വയംഭാഗം പണാത്തും വേറെ യാറാവും സമച്ച പോട്ടാൽ അവ എ സമയൽ പണി പോടോ അത് സാപ്പിട്ടാ ആകണോ വഴിയില്ലേ ചെന്ന മന്ത്രി ഉള്ള പോയി എന്നാ പണു താനേ ചമയൽ പണി ചാപ്പടമോ രപസ് അത് അന്നത്തിനെ വിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഋഷികൾ ഇത്രയൊക്കെ ശാസിച്ചു വെച്ചത് അതൊക്കെ പഴയ ധർമ്മം ആയുസ് സത്വബലാരോഗ്യ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കണതും തപസ്സിനുള്ള ബലം തരുന്നതും അനാവശ്യമായി നമ്മളുടെ അനുഷ്ഠാനത്തിനെ മുടക്കാത്തതും ആയത് അതാണ് ആരോഗ്യം പണ്ടൊക്കെ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് പറയാറുണ്ട് പൂണോലിട്ടിട്ട് ഏഴ് വർഷത്തിന്റെ ഇടയിൽ ഉഴുന്നു കൊടുത്താൽ ആദ്യ പൂണോലിടണം എന്നാണ് എന്താന്ന് വെച്ചാൽ സന്ധ്യാവന്തനം മുടങ്ങും എന്നാണ് രോഗം വരുമത്രയും മാഷം രോഗം വരുത്തിക്കണ ഭക്ഷണം കൊടുക്കരുത് ആരോഗ്യ സുഖ ആ ഭക്ഷണം കഴിച്ചാൽ ഒരു വിമിഷ്ടല്ല ചിലതൊക്കെ കഴിച്ചാൽ ചില ഭക്ഷണം ചില സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കും അത് ശരിക്കും സമയത്തിന് ചെയ്തിട്ടില്ലെങ്കിൽ ചില ഭക്ഷണം ഇപ്പൊ ഉരുളക്കിഴങ്ങ് നോർത്തിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ ഉരുളക്കിഴങ്ങാണ് എവിടെയും അതിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ അപ്പ പാചകം ചെയ്ത് അപ്പം കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല നിങ്ങൾ രാവിലെ പാചകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിച്ചാൽ ഇന്നലെ പറഞ്ഞ രീതിയിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഗൂഡ്സ് വണ്ടി ഓടും എല്ലാ പ്രശ്നവും ഉണ്ടാക്കും യാത്രയാമം അത് ഭഗവാൻ ഇനി പറയാൻ പോണം സുഖപ്രീതി വിവർദ്ധന ഭക്ഷണം സുഖത്തിനെ നശിപ്പിക്കണില്ല ഊണ് കഴിച്ചുകഴിഞ്ഞാൽ സുഖം നശിക്കുകയാണെങ്കിൽ നിറച്ചു നിറച്ചു നിറച്ച ഒരാള് ീ ഐതിഹ്യമാലയിൽ ഒരു നമ്പൂരിയുടെ കഥ പറയും മൂണ് കഴിച്ചു കഴിച്ചു കഴിച്ചു ഇലയിൽ എങ്ങനെ വിളമ്പി ഒക്കെ കഴിച്ചു അവസാനം ചോദിച്ചു ഇനി എന്താ വേണ്ട ചോദിച്ചു ഇലയിൽ എന്താ ഇല്ലാത്ത നോക്കിട്ട് വിളമ്പിക്കോളൂ എന്താ നമ്പൂരി പറയുന്നു വയറ് വലുതായിട്ടേ ഇലയിൽ എന്താ ഇല്ലാത്ത നോക്കി വിളമ്പിക്കോളൂ വയ വയറ് നിറഞ്ഞിട്ട് ഇല കാണാൻ വയ്യാത്രേ അസുഖം അല്ലേ ഡിസ്റ്റർബൻസ് സുഖ പ്രീതി വിവർധന ഭക്ഷണം കാണുമ്പോ ഒരു പ്രീതി ഉണ്ടാവണം മനസ്സിലൊരു ഡിപ്രഷൻ ഉണ്ടാവില്ല ശാന്തി ആ ഭക്ഷണം കാണുമ്പോ തന്നെ ഒരു പ്രിയം തോന്നണം ഭക്ഷണം കാണുമ്പോ തന്നെ ഒരു ഹൃദ്യത തോന്നണം ചില ഭക്ഷണമൊക്കെ എങ്ങനെ ഹൃദ്യത്തെ തോന്നും പറയൂ ചില ആട്ടുകുട്ടികള് ആടുകൾ അതിന്റെ കൂടെ ഈ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ അടുത്ത ദിവസം കഴിഞ്ഞാൽ അവര് പ്ലേറ്റിലിരുന്നാൽ എന്തു മനുഷ്യരാണ് അവര് ആ അതിന്റെ കൂടെ തന്നെ കളിക്കുക അത് കഴിഞ്ഞിട്ട് അതിനെ പ്രിയം കൂടിക്കഴിഞ്ഞാൽ തിന്നുപോണു എന്തോ അറിയില്ല നമ്മളെ പോലെ തന്നെ സ്നേഹമുള്ള ജീവിയും അടുത്ത് ഇടപഴകാൻ ഉള്ള പ്രിയമുള്ള ജീവിയും അമ്മയുടെ കഴിഞ്ഞിട്ട് ആരുടെ പാലാണോ നമ്മൾ കുടിച്ചത് അതിനെ തന്നെ കൊല്ലാമെങ്കിൽ പിന്നെ ഈ മനുഷ്യൻ ആരെ കൊന്നുകൂടാം ഒരുപാട് രോഗങ്ങള് ഈ ഗോഹത്യകൊണ്ടാണ് വരുന്നത് ഗോമാംസം കഴിക്കണവർക്ക് നിശ്ചയമായിട്ടും പല മാരക രോഗങ്ങളും വരും അതിൽ പലതുണ്ട് നാരായണ ഗുരു സ്വാമിയുടെ ഒരാൾ ചോദിച്ചു പശുവിന്റെ പാല് കുടിക്കണില്ലേ പശുവിനെ തിന്നാ എന്താ എന്ന് ചോദിച്ചു ഒരാൾ ഇത്ര ബുദ്ധിയുള്ള ആളുകളാ അപ്പൊ നാരായണ ഗുരു പറഞ്ഞു കൊറേ നേരം ഒന്നും ഉണ്ടില്ല നല്ല മൗനിയാണ് കൊറച്ച് കഴിഞ്ഞ് ചോദിച്ചു അമ്മയുണ്ടോ ഇല്ല മരിച്ചു തിന്നതാണോ ഇത്രയേ ചോദിച്ചുള്ളൂ തിന്നതാണോ ഇതിന് മേലെ എന്തൊരു ചോദ്യം ചോദിക്കാൻ പറ്റും സുഖപ്രീതി വിവർദ്ധനാഹ സുഖത്തിനെ വർദ്ധിപ്പിക്കണം പ്രീതിയെ വർദ്ധിപ്പിക്കണം വിശേഷമായിട്ട് ആ ഭക്ഷണം കൊണ്ട് ഇവന് അധ്യാത്മമായ പുരോഗതിക്ക് തടസ്സം ഉണ്ടാവാൻ പാടില്ല രസ്യാഹ രസം നിറഞ്ഞിരിക്കണം ഈ പച്ചക്കറികളൊക്കെ തന്നെ രസ്യങ്ങളായിട്ടിരിക്കണം അതിനകത്ത് രസപുഷ്ടി ഉള്ളതായിരിക്കണം സ്നിഗ്ധാഹ ഇതൊക്കെ ആയുർവേദ ആളുകളോട് ചോദിച്ചാൽ കപം വാദം പിത്തം എല്ലാ കാറ്റഗറിയിലും ഓരോന്നും പറയും സ്നിഗ്ധം ഒരു മെഴുക്ക് സ്ഥിരാഹ ശരീരത്തിനൊരു ദാർഡ്യത കൊടുക്കുന്നതായിരിക്കണം ഹൃദ്യഹ ഹൃദയപ്രിയമായിട്ടിരിക്കണം ആഹാരാഹ സാത്വികപ്രിയാഹ ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് സാത്വികന്മാർക്ക് ഹേ അർജുന ിയമായിട്ടുള്ള ഭക്ഷണം ഇനിയിപ്പോ ഇതിലൊന്നും ഇപ്പൊ നമ്മൾക്ക് വേണ്ട കാറ്റഗറി വന്നിട്ടില്ലെങ്കിൽ അടുത്തത് ഭഗവാൻ പറയുകയാണോ നോക്കുക ഏയ് ഒരു എരിവും പുളിയും ഒന്നും ഇല്ലാതെ എങ്ങനെയാപ്പൊ കഴിക്കുക എന്ന് വെച്ചാൽ കട്ടം തീക്ഷണ രൂക്ഷ ആഹാരാജസേറ്റാ ദുഃഖശോകാമയ പ്രവണ ഉഷ്ണ തീക്ഷണ രുക്ഷ വിദിന അതി ജർഗണം അതികട അതി അം അതിലവണ അതി ഉഷ അതി തീക്ഷണ അതിരൂക്ഷ അതിവിദാഹിന അതി ഇവിടെ ഉണ്ട് അതി അത്യുഷ്ണെന്നുണ്ട് ആ അതി എല്ലായിടത്തും അത്യാഹാരം ചെയ്യണം എന്നാണ് ഭാഷ്യക്കാരൻ അതികട്ടു ചവർപ്പ് കടുക്കായ് എന്ന് പറയില്ലേ നമ്മുടെ കടുക്ക പക്ഷെ വളരെ മംഗളമായ ധന്യമായ ഒരു ഓഷധിയാണത് കടുക്ക ആയുർവേദത്തിലെ ഏകദേശം എൺപത് ശതമാനം മരുന്നുകളിലും കടുക്കുണ്ടാവും പഴയകാലത്ത് കടുക്കാവൈദ്യാ വൈദ്യന്മാരുണ്ടാവും അവർ കടുക്ക കൊണ്ട് തന്നെ വൈദ്യം നടത്തിക്കളെ എന്തിനാണെങ്കിലും കടുക്ക കൊടുക്കും ഒരു വൈദ്യൻ കടുക്ക കൊടുത്തിട്ട് തന്നെ യുദ്ധം ജയിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞൊരു കഥയുണ്ട് കടുക്ക കൊണ്ട് തന്നെ കാര്യമൊക്കെ നടത്തും ഒരാള് പറഞ്ഞു കടുക്കയുടെ പ്രയോജനം എന്താണ് അപ്പോ ദശമാതൃ സമാ അമ്മമാർക്ക് തുല്യാണ് ഹരീതകി ശിവ അഭയ എന്നൊക്കെയാണ് അതിന് പേര് അതൊക്കെ ത്രിഫലയില് ഒരു ഫലമാണ് അത് കടുക്ക താന്നിക്ക നെല്ലിക്ക അപ്പൊ കടു എന്ന് പറഞ്ഞാൽ കടുക്കയിലത്തെ കടുവല്ല അതൊരു അതിൽ ചവർപ്പുള്ള ഭക്ഷണം ചിലർക്കൊക്കെ അങ്ങനത്തെ ഭക്ഷണം ഇഷ്ടാ അതികട അതിഅമ്ലം ഒരുപാട് പുളിപ്പം ഒരുപാട് ഉപ്പ് അതി ലവണം നല്ല എരിവ് ഒരു പന്ത്രണ്ട് കടുവ മാങ്ങി ഊണ് കഴിക്കാൻ പറ്റില്ല ശരീരം മുഴുവൻ എരിയാണ് വിദാഹിന ശരീരം മുഴുവൻ എരിക്കുകയാണ് ഇങ്ങനെയുള്ള ഭക്ഷണം ചിലർക്ക് ഇങ്ങനത്തെ ഭക്ഷണം ഇത് ഇങ്ങനത്തെ ഭക്ഷണം രാത്രി കഴിച്ചിട്ട് കിടന്നാണ്ടല്ലോ സ്വപ്നം മുഴുവൻ ഹൊറർ സിനിമ ആയിരിക്കും എന്താ ഇങ്ങനെ സ്വപ്നം കാണുന്ന സ്വപ്നം കണ്ടെ അപ്പൊ ആലോചിച്ചാൽ രാത്രി എന്ത് ഭക്ഷണം കഴിച്ചു അത് കഴിച്ചു ദോശ കഴിച്ചു കൂടെ എന്ത് കഴിച്ചു എത്രണം ഒരു പതിനഞ്ച് ചിലങ്ങനെയൊക്കെയാണ് കഴിക്കണത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ രാത്രിയായി ഘോരം ഘോരമായിട്ടുള്ള ദർശനങ്ങളൊക്കെ ഉണ്ടാവും ഒരു കാരണമില്ലാതെ ഒരാള് പറഞ്ഞു എപ്പോഴും ബസ് സ്റ്റാൻഡിൽ പോയതും ബസ് പോയിക്കഴിഞ്ഞതായിട്ട് സ്വപ്നം ബസ് കിട്ടാതെ തെരുവിൽ നിൽക്കുന്ന പോലെ സ്വപ്നം മലയുടെ മോളിൽ നിന്ന് ചോട്ടില് വീഴണ പോലെ സ്വപ്നം അപ്പോ പല മരുന്നും കഴിച്ചു നോക്കി മൂപ്പർക്ക് ശരിയായില്ല അവസാനം ചോദിച്ചു എന്ത് ആ വൈദ്യൻ ഒരു വൈദ്യനാണ് വൈദ്യന്റെ അടുത്ത് പോയി ഇയാൾ പറഞ്ഞു ലാസ്റ്റിൽ ചോദിച്ചു എന്താ രാത്രി കഴിക്കണത് ചോദിച്ചു രാത്രി ഇതുപോലെ എന്തോ ഒരു സാധനാണ് ഭയങ്കര എരിവും പുളിയും ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് രാത്രി പത്ത് മണിക്ക് വന്നിട്ട് പതിനൊന്ന് മണിക്ക് ഊണ് കഴിച്ചിട്ട് പതിനൊന്ന് അഞ്ചിന് കിടക്കും പന്ത്രണ്ട് മണി തൊട്ട് തുടങ്ങും നേരം വിളിച്ചാവണ വരെ ഉഗ്ര ഉഗ്രമായ കലാപരിപാടികൾ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോ ഇയാൾക്ക് രാത്രിയായാലേ പേടിയാണ് ഒരു വിധത്തിലുള്ള ഡൈജഷനും സമയമില്ല ഉള്ളിൽ പോണ സാമാനങ്ങളൊക്കെ കൊമ്പും വാലും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയി അതൊക്കെ മുമ്പിൽ വന്ന് നിന്നിട്ട് രാത്രി സ്വപ്നത്തിലൊക്കെ തന്നെ ഒരു സൂവേ സ്വപ്നത്തിലും മനസ് അന്നമയം ഹി സോമ്യ മനഹാ മനസ്സ് അന്നമയമാണ് അതുകൊണ്ട് അന്നം ശരിയാക്കിയിട്ടില്ലെങ്കിൽ മനസ്സൊന്നും ശാന്താവില്ല അപ്പാ അതുകൊണ്ട് കട്ടു അമ്ള അതികട്ടു അതു അമ്ലം ഒരുപാട് ഉപ്പ് ഒരുപാട് ലവണം ഒരുപാട് എരിവ് തീക്ഷണമായിട്ടുള്ള സ്വാദുകള് മധുരം സാത്വികമായി മധുരമാവാം അങ്ങനെ അല്ലാതെ ഒരുപാടൊക്കെ ചേർത്തി കഴിഞ്ഞാൽ ദുഃഖോക ആഹാരം എന്ത് ചെയ്യുന്ന വെച്ചാൽ ദുഃഖം എപ്പോഴും ഒരു ശോകണ്ടാവും അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളില് ദുസ്ഥരമായ ഖം ഉണ്ടാവും ഖം എന്ന് വെച്ചാൽ ആകാശം എന്നർത്ഥം സ്പേസ് ചലിക്കാൻ സ്പേസ് ഉണ്ടാവില്ല പ്രാണന് സുഖമുമായിട്ട് ചലിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല കം എന്ന് പറഞ്ഞാൽ സുഖമെന്നർത്ഥം ജലം എന്നർത്ഥം ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം പ്രാണോ ബ്രഹ്മാ ഖം ബ്രഹ്മ കം ബ്രഹ്മ എന്നാണ് ശ്രുതി മൂന്ന് മഹാവാക്യം ഉപകോശല ചാന്തോഗ്യ ഉപനിഷത്തില് അഗ്നി ഉപദേശിച്ചു ഹേ കുട്ടി പ്രാണൻ ബ്രഹ്മമാണ് സുഖം ബ്രഹ്മമാണ് ആകാശം ബ്രഹ്മമാണ് ആകാശം തന്നെയാണ് കുട്ടി സുഖം സുഖം തന്നെയാണ് ആകാശം സുഖം തന്നെയാണ് പ്രാണൻ പ്രാണൻ തന്നെയാണ് കുട്ടി ആകാശം ഇത് ധ്യാനിക്കൂ അതായത് സുഖം വരുമ്പോ ഉള്ളിലെ സ്പേസ് ഉണ്ടാവും എക്സ്പാൻഷൻ ഉണ്ടാവും എക്സ്പാൻഷൻ ഉണ്ടാവും വിസ്തൃതി ഉണ്ടാവും വ്യാപ്തി ഉണ്ടാവും പെർവേസിവ്നെസ് ഉണ്ടാവും പെർവേസിനെസ് ഇല്ലെങ്കിൽ അവിടെ കം ഇല്ല ഖം ഇല്ലെങ്കിൽ കം ഇല്ല അവിടെ സുഖമില്ല കം ജലാംശമാണ് ജലം പൃഥ്വിയോട് ചേരുമ്പോഴാണ് സത്വഗുണവും മാധുര്യമൊക്കെ ഉണ്ടാവുന്നത് എന്നൊക്കെ പറയും അതിന്റെ കുറവുണ്ടാവും